അധ്യായം പതിനെട്ട് അനന്തരം ദാവീദ് തന്നോടു കൂടെയുള്ള ജനത്തെ എണ്ണി നോക്കി അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു ദാവീദ് ജനത്തിൽ മൂന്നിൽ ഒരു പങ്ക് യോവാബിന്റെ കഴിക്കീഴും മൂന്നിൽ ഒരു പങ്ക് സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബീഷായിയുടെ കൈക്കീഴും മൂന്നിൽ ഒരു പങ്ക് ഗിത്യനായ ഇത്തായിയുടെ കൈക്കീഴും അയച്ചു ഞാനും നിങ്ങളോടുകൂടെ വരുമെന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു എന്നാൽ ജനം നീ വരേണ്ട ഞങ്ങൾ തോറ്റോടി എന്നുവരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല ഞങ്ങളിൽ പാതിപ്പേർ പട്ടുപോയി എന്നുവരികിലും അതാരും ഗണ്യമാക്കുകയില്ല നീയോ ഞങ്ങളിൽ പതിനായിരം പേർക്ക് തുല്യൻ ആകയാൽ നീ പട്ടണത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞു രാജാവ് അവരോട് നിങ്ങൾക്ക് ഉത്തമമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ രാജാവ് പടിവാതിക്കൽ നിന്നു ജനമൊക്കെയും നൂറുനൂറായും ആയിരമായിരമായും പുറപ്പെട്ടു അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവിൻ എന്ന് രാജാവ് യോവാബിനോടും അബിഷായിയോടും ഇഥായിയോടും കൽപ്പിച്ചു രാജാവ് അധിപതിമാരോടൊക്കെയും അബ്ശാലൂമിനെക്കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു പിന്നെ ജനം പടനിലത്തേക്ക് ഇസ്രയേലിന്റെ നേരെ പുറപ്പെട്ടു യഫ്രയും വനത്തിൽ വെച്ച് പടയുണ്ടായി ഇസ്രയേൽ ജനം ദാവിദിന്റെ ചേവകരോട് തോറ്റു അന്നവിടെ ഒരു മഹാസംഹാരം നടന്നു ഇരുപതിനായിരം പേർ പട്ടുപോയി പട ആ ദേശത്തെല്ലായിടവും പരന്നു അന്ന് വാളിൻ നിരയായതിലും അധികം പേർ വനത്തിൻ നിരയായി തുറന്നു അബ്ശാലും ദാവീദിന്റെ ജേവകർക്ക് എതിർപ്പെട്ടു അബ്ശാലും കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർക്കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിൻ കീഴെ എത്തി അവന്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി അവന്റെ കീഴിൽ നിന്ന് കോവർ കഴുത ഓടിപ്പോയി ഒരുത്തനത് കണ്ടിട്ട് അബ്ശാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു യോവാബ് തന്നെ അറിയിച്ചവനോട് നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ചു തന്നെ വെട്ടിക്കളയാഞ്ഞത് എന്ത് ഞാൻ നിനക്ക് പത്ത് ഷേക്കൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ യോവാബിനോട് പറഞ്ഞത് ആയിരം ഷേക്കൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈ നീട്ടുകയില്ല അബ്ശാലും കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളവീനെന്ന് രാജാവ് നിന്നോടും അബിഷായിയോടും ഇഥായിയോടും ഞങ്ങൾ കേൾക്കയല്ലോ കൾപ്പിച്ചത് അല്ല ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നെങ്കിൽ രാജാവിനൊന്നും മറവായിരിക്കില്ലല്ലോ നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു എന്നാൽ യോവാ ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളകയില്ല എന്ന് പറഞ്ഞ് മൂന്നു കുന്തം കൈയിലെടുത്തു അബ്ശാലോ കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തിക്കടത്തി യോവാബിന്റെ ആയുധവാഹകന്മാരായ പത്തു ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു പിന്നെ യോവാബ് കാഹളമൂതി യോവാബ് ജനത്തെ വിലക്കിയതുകൊണ്ട് അവർ ഇസ്രയേലിനെ പിന്തുടരുന്നത് വിട്ടു മടങ്ങി അബ്ശാലോമിനെ അവർ എടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിൽ ഇട്ടു അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി ഇസ്രയേലൊക്കെയും താൻ താന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി അബ്ശാലോം ജീവനോടിരുന്ന സമയം എന്റെ പേർ നിലനിർത്തേണ്ടതിന് എനിക്ക് മകൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു രാജാവിൻ താഴ്വരയിലെ തൂണെടുത്ത് നാട്ടി അതിന് തന്റെ പേർ വിളിച്ചിരുന്നു അതിന് ഇന്നുവരെ അബ്ശാലോമിന്റെ ഞാപകസ്തംഭം എന്ന് പറഞ്ഞു വരുന്നു അനന്തരം സാധൂക്കിന്റെ മകനായ അഹിമാസ് ഞാൻ ഓടിച്ചെന്ന് രാജാവിനോട് യഹോവ അവനുവേണ്ടി ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്ന സദ്വർത്തമാനം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു യോവാ അവനോട് നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകെയില്ല ഇനി ഒരു ദിവസം സദ്വർത്തമാനം കൊണ്ടുപോകാം രാജകുമാരൻ മരിച്ചിരിക്കൊണ്ട് നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകയില്ല എന്നു പറഞ്ഞു പിന്നെ യോവാബ് കൂസ്യനോട് നീ കണ്ടത് രാജാവിനെ ചെന്ന് അറിയിക്ക എന്നു പറഞ്ഞു കൂശ്യൻ യോവാബിനെ വണങ്ങി ഓടി സാധുക്കിന്റെ മകനായ അഹിമാസ് പിന്നെയും യോവാബിനോട് ഏതായാലും ഞാനും കൂസ്യന്റെ പിന്നാലെ െന്ന് പറഞ്ഞു അത് നീ ഓവാ എന്റെ മകനെ നീ എന്തിന് ഓടുന്നു നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ പിന്നെയും ഏതായാലും ഞാൻ ഓടും എന്ന് പറഞ്ഞതിന് എന്നാൽ ഓടിക്കൊള്ളുക അവൻ പറഞ്ഞു അങ്ങനെ അഹീമാസ് സമഭൂമി ഓടി കൂശ്യനെ കടന്നുപോയി എന്നാൽ ദാവീദ് രണ്ടു പടിവാതിലിനും മധ്യേ ായിരുന്നു കാവൽക്കാരൻ പടിവാതിലിനു മീതെ മതിലിന്റെ മുകളിൽ കയറി തല ഉയർത്തി നോക്കി ഒരുത്തൻ തനിച്ച് ഓടിവരുന്നത് കണ്ടു കാവൽക്കാരൻ രാജാവിനോട് വിളിച്ച് അറിയിച്ചു അവൻ ഏകനെങ്കിൽ സദ്വർത്തുമാനവും കൊണ്ടാകുന്നുവരുന്നത് എന്ന് രാജാവ് പറഞ്ഞു അവൻ നടന്ന് അടുത്തു പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തൻ ഓടിവരുന്നത് കണ്ടു കാവൽക്കാരൻ വാതിൽക്കാക്കുന്നവനോട് ഇതാ പിന്നെയും ഒരാൾ തനിച്ചോടി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അവനും സദ്വർത്തമാന ദൂതനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു ഒന്നാമത്തവന്റെ ഓട്ടം സാധൂക്കിന്റെ മകനായ അഹിമാസിന്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു എന്ന് കാവൽക്കാരൻ പറഞ്ഞു അതിന് രാജാവ് അവൻ നല്ലവൻ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അഹിമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു യജമാനനായ രാജാവിന്റെ നേരെ കൈ ഏൽപ്പിച്ചു തന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അഹീമാസ് യോവാ രാജാവിന്റെ ഭൃത്തിനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു എന്നാൽ അത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു നീ അവിടെ മാറി നിൽക്ക എന്ന് രാജാവ് പറഞ്ഞു അവൻ മാറി നിന്നു ഉടനെ കൂശ്യൻ വന്നു യശമാനായ രാജാവിന് ഇതാ നല്ല വർത്തമാനം നിന്നോടെ എതിർത്ത എല്ലാവരോടും യഹോവ ഇന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കൂശ്യൻ പറഞ്ഞു അപ്പോൾ രാജാവ് കൂശ്യനോട് അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് കൂശ്യൻ യജമാനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെപ്പോലെ ആകട്ടെ എന്ന് പറഞ്ഞു ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ എന്റെ മകനെ അബ്ശാലോമേ എന്റെ മകനെ എന്റെ മകനെ അബ്ശാലോമേ ഞാൻ നിനക്കു പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു അബ്ശാലോമേ എന്റെ മകനെ എന്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു